കഴിഞ്ഞ തവണയും നമുക്കതിന് തുടർച്ച എന്ന ഓണം എന്നാൽ പുതിയ ആളുകൾ കുടുംബത്തിനൊക്കെ വരാതെ അല്പവും ശ്രദ്ധിക്കാം സോ അതാമയതായി വിത്തം സ്യാഥ കർമ്മൂ എന്ന നിങ്ങൾ വേദങ്ങളിൽ നിന്നും അനേകം പ്രഭാഷണങ്ങളിലൂടെ അനേക ഗ്രന്ഥങ്ങളിലൂടെ കേട്ടിട്ടുണ്ടാവും നമുക്കിതിൽ രണ്ടാം പാദം തൽക്കാലം വിടുക ഒന്നാം ഭാവം പിന്നെ എപ്പോഴെങ്കിലും ആചാര്യന്മാർ ആരെങ്കിലും നിങ്ങൾക്ക് വളരെ വിശദമായി പറഞ്ഞു പണതി കേട്ടിട്ടില്ലെങ്കിലും ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവും പ്രജയ്ക്കു വേണ്ടി മാത്രമാണ് ജായ വേണമെന്ന് പഴയ ആളുകൾ ആഗ്രഹിച്ചിട്ടുണ്ടാവുക അതുകൊണ്ടാണ് ധർമ്മവും കാര്യങ്ങളുമൊക്കെ നടന്നിട്ടുണ്ടാവുന്നത് അത് ഗൃഹ്യസൂത്രങ്ങളിൽ നിന്നൊക്കെ പഠിക്കേണ്ട കാലമായി കഴിഞ്ഞു എന്ന് തോന്നുന്നു വിട്ടുപോയത് കാരണം ഡെയിലിയൊക്കെ തിളക്കിയാണ് ഞാൻ ആ വിഷയത്തിലേക്ക് പോകുന്നില്ല ഇന്ത്യ മുഴുവൻ തന്നെ തിളച്ച മറിയുകയാണ് എല്ലാർത്ഥത്തിലും ആരോപണവിധേയരാകാത്ത മത നേതാക്കന്മാർ ആരോപണ വിധേയരാകാത്ത ഭരണാധികാരികൾ ആരോപണ വിധേയരാകാത്ത ജുഡീഷ്യൽ ഓഫീസേഴ്സ് ആരോപണവിധേയരാകാത്ത രാഷ്ട്രീയക്കാരൊക്കെ ചുരുങ്ങി വരികയാണ് അതിന് കാരണം അനേക പരസ്യങ്ങളിലൂടെ അനേക ജീവിത രീതികളിലൂടെ അനേക മെസ്സമസുകളിലൂടെ എല്ലാം മനസ്സ് വൈദികമായി സൂത്രവാക്യത്തിൽ നിന്ന് ബഹുദൂരം സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് വേണ്ടത്ര നിയമങ്ങളും വേണ്ടത്ര പരിരക്ഷകളും ഇന്ത്യയിൽ മനുസ്മൃതിയെ തന്നെ ഉദ്ധരിച്ചു കൊണ്ടെടുത്ത ഇന്ത്യൻ ഭരണഘടനയിലും ഇന്ത്യൻ ഫിനൽ കോഡിലും വളരെ ശക്തമായി ഉണ്ടായിരുന്നിട്ട് ഒരു പരസ്യത്തിൽ ഒരു പരസ്യം കണ്ടാൽ പരസ്യ കമ്പനിയെ പരസ്യത്തിൽ കുട്ടിയെ പരസ്യം അനുവദിച്ചു കൊടുത്തവരെ കഠിനമായി ശിക്ഷിക്കുവാൻ വ്യവസ്ഥയുള്ള നാടാണ് നിങ്ങളുടെ ആദ്യത്തെ വചനത്തെ തുടർന്ന് നിങ്ങൾക്ക് ഒട്ടേറെ ദൂരങ്ങളിലൂടെ പോവാം അത്രയും സാധ്യത ഭേദം അന്ന് തന്നെ നമുക്ക് തന്നിട്ടുണ്ട് ഭാഗ്യമെന്ന് പറയട്ടെ പെരുമ്പാവൂര് മാത്രം പൂജ എന്നൊരമ്മ ഇവിടുത്തെ മജിസ്ട്രേറ്റ് ആണോന്ന് തോന്നും അടുത്ത കാലത്ത് ഒരു പരസ്യത്തിനെതിരെ കമ്പനിയെ വളരെ ഗംഭീരമായി ശിക്ഷിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ ആദ്യത്തതായിരിക്കുമുണ്ട് പക്ഷേ അപ്പോൾ ആ നിലയിൽ നീങ്ങുന്നൊരു കാലം ആ വിഷയത്തിലേക്ക് അതുകൊണ്ട് ഞാൻ അധികം പോകുന്നില്ല അതുപോയാലൊക്കെ വൈകാരികമാകാനടിയുള്ളത് ഞങ്ങളുടെ രണ്ടാമത്തതാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് അന്നവസ്ത്രങ്ങളോട് ബന്ധപ്പെട്ടതും അതാണ് കഴിഞ്ഞ തവണ ഞാൻ പറഞ്ഞു നിർത്തിയതും അതിനെക്കുറിച്ചാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല സപ്താന്ന സർഗമാണ് ഞാൻ പറഞ്ഞത് സപ്താൻ തപസ അജനയൻ എന്നൊരു വചനമുണ്ട് ഈ സപ്താന്നങ്ങളെ സൃഷ്ടിച്ചതിനോട് ബന്ധപ്പെട്ടൊരു പ്രാർത്ഥനയാണ് രണ്ടാമത് നിങ്ങൾ ചൊല്ലിയത് സപ്ത ദിനം കൊണ്ട് ലോകത്തെ സൃഷ്ടിക്കുമ്പോൾ ലോകമെന്ന അന്നം മുതൽ പശു അന്നം വരെയുള്ള സൃഷ്ടിയുടെ ക്രമം ഉൽപ്പത്തി പുസ്തകത്തിലും വളരെ ലഭ്യമായി വളരെ വളരെ വിസ്തൃതമായി ഒരു പക്ഷേ ഇന്ന് രണ്ടും തമ്മിലുള്ള സാമഞ്ജസ്യം എങ്ങനെ ഉണ്ടായി എന്നതൊന്നും എൻ്റെ വിഷയമല്ല അത് നിങ്ങൾ ചിന്തിച്ച് ഉത്തരം കണ്ടെത്തിക്കൊണ്ട് അതിനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുള്ളതാണ് രണ്ട് സ്ഥലത്തും ഇത് സമാനമായി കാണുന്നു എന്ന് ഞാൻ പറഞ്ഞതിന് അർത്ഥമുള്ളൂ ആരാരെയും കോപ്പി അടിച്ചിട്ട് തന്നോ അതൊന്നും എൻ്റെ വിഷയമല്ല കാരണം സത്യം കോപ്പി അടിക്കേണ്ട കാര്യമൊന്നുമില്ല സത്യം എല്ലാവരുടെ അതും സത്യമാണ് ഏത് കാലത്ത് കണ്ടെത്തിയാലും സത്യമാണ് ഇന്ന് കണ്ടെത്തിയെന്നോ ഇന്നലെ കണ്ടെത്തിയെന്നോ ഉള്ളതിന് പ്രസക്തി ഒന്നുമില്ല അപ്പം സപ്ത എന്ന സർഗത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് നമ്മൾ അവരുടെ തവത് കഴിപ്പിച്ചു വെച്ചിട്ടു ഇതിന് കാരണം വിത്തം കർമ്മിയാ കർമ്മിയ ധനം എന്തിനാണ് സാധ്യമായ കർമ്മങ്ങൾക്ക് വേണ്ടി മാത്രമാണത് അതറിയാത്തവരാണ് ഇന്ന് കൂടുതലാകുന്നത് നിങ്ങളെന്നുള്ളത് ഞാൻ ഉപയോഗിക്കുന്നില്ല കാരണം ഒരു ആശ്രമവുമായി ബന്ധപ്പെട്ടവരാണ് നിങ്ങൾ അങ്ങനെ ആവാൻ വഴിയില്ല എന്ന് ഞാൻ വിശ്വസിക്കുക ധനം കർമ്മസാധ്യത്തിന് വേണ്ടി മാത്രമാണ് അല്ലാതിരിക്കുന്ന ഓരോ പൈസയും നിങ്ങളുടെ സ്വഭാവത്തെ മാറ്റം വിത്തത്തിന് ഒരു കാര്യമേ ഉണ്ട് അത് കർമ്മസാധ്യമാണ് രണ്ട് തരമാണ് കർമ്മ ഭാരത ഗവൺമെന്റ് ദാരിദ്ര്യത്തിൽ യോജിക്കുന്ന ആഡംബർ വിദ്യ പോലെയല്ല പാശ്ചാത്യവും പൗരസ്യവുമായ ചിന്തയുടെ പ്രകടമായ വ്യത്യാസം ഒന്ന് അനലക്ഷിക്കലാണ് ഒന്നിൻ്റെ കയറാണ് അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒന്ന് വിവച്ഛനിച്ച് വ്യവച്ഛരിച്ച് ഒന്നിനെ ആയിരങ്ങളായി കാണുക ഒന്നിനെ പലതായി കാണാൻ ശ്രമിക്കുക ഭാരതീയ ആചാര്യന്മാർ പലതിനെ എവിടെയാണ് സംയോജിപ്പിക്കാൻ കഴിയുക എന്ന് ചിന്തിക്കുക ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ആ വീട്ടിലെ അംഗങ്ങളെയെല്ലാം ഏതൊരു ബിന്ദുവിലാണ് സമന്വയിപ്പിക്കാൻ പരിധിയിൽ അതിൽ ഏറ്റവും സാമർത്ഥ്യത്തോടുള്ള കൂടെ കണ്ടത് അനന്ത പുരുഷനെയാണ് എല്ലാത്തിനെയും സമഗ്രിപ്പിക്കാൻ പറ്റും ജാഗ്രതത്തിലല്ല അവർ പഠനം കൂടനെ നടത്തിയത് ജാഗ്രത വ്യവച്ഛേദനത്തിൻ്റെയാണ് വേറിട്ട് കാണലിൻ്റെ ആണ് സ്ഥൂല ബുക്കിൻ്റെയാണ് സ്വപ്നത്തെയും അല്ല അവർ കണ്ടത് അത് പ്രവൃത്ത ബുക്കിന്റെയാണ് യേശ സർവേശ്വര യേശ സർവജ്ഞ യേശോന്തര്യാമി എന്നും പറയുന്ന പ്രാജ്ഞന്റെ ലോകങ്ങളിലാണ് ദൃഷ്ടിയും ഈശ്വരൻ്റെ ലോകങ്ങളിലാണ് സമാപ്ഠിയും ഇത് കണ്ടെത്താൻ ശ്രമിച്ചിട്ടുള്ളത് ഭാരതീയ വൈജ്ഞാനിക ചിന്തയുടെ ഏറ്റവും വലിയ ഉദാരതയും ഒരു പക്ഷേതാണ് എല്ലാ ദർശനങ്ങളെയും സമഗ്രമായി സമന്വയിപ്പിക്കാൻ നമ്മുടെ ഏത് ആചാര്യനെയും എടുത്താൽ ഇന്ന് വരെ ജീവിച്ചു നിന്നിട്ടുള്ള ഏത് ആചാര്യന്മാരെ എടുത്താൽ പലതിനെയും അവഗ്രതിച്ചു പോകുന്ന പദ്ധതിക്കല്ല അവർ മുൻപൊടും എവിടെ നോക്കിയവ്രന്ഥം എടുത്താലും എത്രത്തോളം സമന്വയത്തിന്റെ തത്വശാസ്ത്രം പറ്റും ഉഭയസമന്വയം എങ്ങനെ കൊണ്ടുപോകും അതുകൊണ്ട് വിത്തം എന്നും പറയുമ്പോഴെല്ലാം കർമ്മങ്ങളെയാണ് ഓർമ്മ വരുന്നത് ആ വിത്തം രണ്ട് ധർമ്മം ഒന്ന് മനുഷ്യവിത്തം രണ്ട് ദൈവവിത്തം ഇങ്ങനെയാണ് അവനെ അവർ തിരിക്കുന്നത് വൈദിക കാലം ഉണ്ടായി അതുകൊണ്ട് തന്നെ ദാരിദ്ര്യത്തെ അവർ കാണുന്നത് നമ്മൾ കാണുന്ന അളവിൽ നമ്മൾ ഇന്ന് പരാതി പറയുന്നുണ്ട് പഴയ കാലത്ത് ദാരിദ്ര്യത്തിലായിരുന്നു എന്റെ അച്ഛൻ എൻ്റെ അപ്പൂപ്പൻ അവർക്കത് ഒരു പരാതി ഉണ്ടായിരുന്നില്ല പഴയ കാലത്ത് സ്ത്രീകൾ ഒരുപാട് കഷ്ടപ്പെട്ടിരുന്നു ഇന്നത്തെ ആക്ടിവിസ്റ്റുകളായ സ്ത്രീകളാണ് പറയുന്നത് അന്നുകൊണ്ടൊരു സ്ത്രീയും ആനന്ദം അനുഭവിക്കാതെ കഷ്ടപ്പെട്ടു അവർ വിചാരിച്ചിരുന്നില്ല നിങ്ങൾ ഇന്നുള്ള സ്ത്രീകളെക്കാളൊക്കെ പട്ടിണി കിടന്നവരാണോ പക്ഷെ അവരുടെ ആരോഗ്യം അവർ ഭക്ഷണം പാകം ചെയ്തു കൊടുത്ത ഭർത്താവിനോ മകനോ ഉണ്ടായിരുന്നില്ല ഒരിക്കലും എന്തെങ്കിലും ഒരു സ്ത്രീ എടുക്കുന്ന പണി പുളിഷനെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല രാവിലെ എഴുന്നേറ്റ് പാത്രം തേച്ച് അടുപ്പ് മെഴുകി തറമെഴുകി പശുവിനെ കുളിപ്പിച്ച് പശുവിനെ കറന്ന് പശുവിന് മുല്ലിട്ട് കൊടുത്ത് ആ പണികളെ കൊണ്ട് തുടങ്ങിയാൽ വീട്ടിലുള്ളവരുടെ മുഴുവൻ തുണികൊണ്ടുപോയി തോട്ടിലോ കുളത്തിലോ നനച്ച് തിരിച്ചുകൊണ്ട് തുണങ്ങാനിട്ട് നൂറ് നൂറ്റമ്പതും കൃഷിയുള്ള വീടാണെങ്കിൽ നൂറ് നൂറ്റമ്പതും പറഞ്ഞ നെല്ലുവാൻ വെളിയിൽ തിരിച്ചുമായിട്ട് ഈ പണിയൊക്കെ ചെയ്യുമ്പോൾ ഒരു കുഞ്ഞിനൊരു ആഹാരം വേറെ കൊടുക്കണം മുതിർന്നതിന് മറ്റൊരാഹാരം വേണം ജോലിക്ക് പോകുന്നതിന് വേറൊന്നും വേണം ഗർഭിണിക്ക് മറ്റൊന്ന് വേണം പ്രായമായവർക്ക് വേറൊന്നും വേണം പച്ചക്കറിക്കടയില്ല പഴക്കടയില്ല പൊടികളില്ല ഇതൊന്നുമില്ല പൊടിക്കാനും പിടിക്കാനുമുള്ള യന്ത്രങ്ങൾ വീട്ടിലില്ല ഇതൊക്കെ കൈകൊണ്ട രക്ഷ ഇവർക്കെല്ലാം തൃപ്തികരമായി കൊടുത്തിട്ട് പലപ്പോഴും കരത്തിലേക്ക് നോക്കുമ്പോൾ ഇല്ലെങ്കിൽ പട്ടിണി ഒരു പരാതി ഉണ്ടായിരുന്നില്ല പരാതി ഇല്ലാത്തത് പുരുഷനെ പേടിച്ചൊന്നുമല്ല കാരണം നൂറ് ശതമാനം പുരുഷന്മാരും അത് സ്ത്രീയുടെ പരിധിയിൽ തന്നെയാണ് എന്നും അങ്ങനെ ജീവിക്കാൻ പറ്റുന്നു അത് കാലത്തിന് മാറ്റമൊന്നും വരുത്താൻ പറ്റില്ല പക്ഷെ അന്ന് സ്ത്രീക്കുണ്ടായിരുന്ന ഒരു സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അവളുടെ ശക്തിയല്ല കാത്തിരിക്കാനുള്ളൊരു ക്ഷമ വിവാഹം കഴിഞ്ഞാൽ ഇന്ന് നിങ്ങൾക്ക് കുട്ടികളുണ്ട് എം എ പി എച്ച് ഡി ഒക്കെ ഉള്ളവരാണ് എം ബി ബി എസും എൻജിനീയറിങ്ങും ഒക്കെ പാസ്സായവരാണ് നിങ്ങൾ വളർത്തിയ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ആരോടെങ്കിലും യോജിച്ച് പോകട്ടെ സ്വന്തം വീട്ടുവിട്ടുപോയി അഞ്ച് വീട്ടിൽ പോയി പത്ത് ദിവസം ക്ഷമയിലൂടെ താമസിക്കാൻ പറ്റുമോ വീട്ടിൽ വളർത്തിയ പെൺകുട്ടികൾക്ക് അച്ഛനും അമ്മയും തീരുമാനിച്ച് വിവാഹം കഴിച്ചു കൊടുത്ത അപരിചിതനോടൊപ്പം പോയി ആ വീട്ടില് ആ വീട് ഭരിച്ച് അവിടെ ജീവിക്കാൻ കഴിയുമായിരുന്നു തിരിച്ചു പോരുന്നത് ചിന്തിക്കാൻ പോലും കഴിയുമായിരുന്നില്ല വയറുണ്ടല്ല സമൂഹത്തെ പേടിച്ചൊന്നുമല്ല കാരണം മാനസിക വികാസവും അതിനുള്ള കോമൺ സെൻസും ഉണ്ടായിരുന്നു ഇന്ന് എഡ്യൂക്കേഷനിലോ അവർ ദാരിദ്ര്യത്തെ കണ്ടതും നമ്മൾ കാണുന്ന കാഴ്ചപ്പാടുകളെല്ലാം അറിയിക്കാനാണ് ഞാൻ ഈ ഉദാഹരണങ്ങളെല്ലാം പറഞ്ഞത് ഇത്രയും ദാരിദ്ര്യത്തിൽ ഇത്രയും കഷ്ടപ്പാടില് അന്ന് ജീവിക്കാനുള്ള അവരുടെ ഓജസ് ഉണ്ടായിരുന്നു അന്നുള്ള സ്ത്രീകളുടെ ആരോഗ്യവും ഇന്നുള്ള സ്ത്രീകളുടെ ആരോഗ്യവും തമ്മിലുള്ള കാര്യങ്ങൾ ഇന്ന് വൈറ്റമിനും മിനലും കാരണവും വാക്സിനേഷൻ ഇഷ്ടംപോലെ പ്രസവവും മറ്റും ചെറിയ ചെലവൊന്നുമല്ല ശരിയാണോ ഞാൻ പറയുന്നു വലിയൊരു ചെലവാണ് നിങ്ങൾ വിവാഹം കഴിയുന്നത് മൂലം ഗൈനക്കോളജിസ്റ്റിന്റെ സാന്ത പരിചരണത്തിലാണ് എന്നിട്ട് എത്ര ആരോഗ്യമുള്ള പിള്ളേരെ നിങ്ങൾ പ്രസവിക്കുന്നു നിങ്ങൾക്ക് സമാജത്തോടുള്ള ഉത്തരവാദിത്തം എന്ന് പറയുന്നത് എത്ര ആരോഗ്യമുള്ള കുട്ടികൾ മറ്റേ പാടത്തും പറമ്പിലും പണിയെടുത്ത് വീട്ടിലും പണിയെടുത്ത് കഷ്ടപ്പെട്ട് ഒരിക്കൽ പോലും തൻ്റെ ശരീരവയത് ഒരു ഡോക്ടർ പോലും കണ്ടിട്ടില്ല അത് ഭർത്താവ് പോലും കണ്ടിട്ടില്ല എന്ന് കൂടുതൽ ശരി പ്രായം അമ്മമാർ സമ്മതിക്കുന്നു എന്ന് തോന്നുന്നു വൈകുന്നേരമാവുമ്പോൾ കഞ്ഞി വിളമ്പി ഭർത്താവിന് കൊടുത്ത് അയാളെ കുളിപ്പിച്ച് കയറ്റിക്കിടത്തി അത് കഴിഞ്ഞ് തിരിച്ചുകൊണ്ട് ഒരു നേരം കഞ്ഞി ഉണ്ടെങ്കിൽ കഴിച്ച് മുനിഞ്ഞ് കെത്തുന്ന ഒരു മണ്ണെണ്ണ വിളക്ക് അകത്തേക്ക് കയറുമ്പോൾ അയാൾ അവളെയോ അവൾ പോലും കാണുന്നില്ല എന്നുള്ളതാണ് പ്രസവം വരെ അത്യധ്വാനം ചെയ്യുക വിശ്രമിക്കുകയല്ല വിദ്യാഭ്യാസം ഇല്ലാതെ പതിച്ചു പ്രസവം എഴുതുക ഒരു അവയവത്തിന് കേട് എൺപതും തൊണ്ണൂറും നൂറും വയസ്സിൽ നിങ്ങൾ കണ്ടിട്ടുള്ള സ്ത്രീകൾക്ക് ബ്രസ്റ്റ് യൂട്രസ് ഓവറി സെർവിക്സ് ഒക്കെ നിങ്ങളെ പോലെ ഉണ്ടായിരുന്നു എന്തെങ്കിലും രോഗം ഉണ്ടായിരുന്നു മൂന്ന് തലമുറയിലെ സ്ത്രീകളെങ്കിലും ഓരോ വീട്ടിലുണ്ട് ഇത് നിങ്ങളുടെ ഒക്കെ പ്രായം ചെന്ന സ്ത്രീകളുണ്ടോ പ്രഷറ് പ്രമേഹം ഇതൊക്കെ സ്ത്രീകളെ കൊണ്ട് തീണ്ടിയിട്ടുണ്ടോ രോഗങ്ങൾക്ക് സ്ത്രീകളെ പേടിയായിരുന്നു എന്നാണ് എനിക്ക് ഞങ്ങളുടെ സ്ത്രീകളൊക്കെ എങ്ങനെയാണ് സംശയിക്കൊന്നും കണ്ട വയസ്സ് എനിക്കുണ്ട് അതുകൊണ്ടായിട്ട് തന്റെ വൈകുന്നു അത്രയും കണ്ടതാണ് അപ്പൊ അന്ന് ദാരിദ്ര്യത്തെ കുറിച്ചൊരു കാഴ്ചപ്പാടുണ്ട് സഭ വിശാല ഈ നിർവചനം കേട്ടിട്ടുണ്ടോ ഏറ്റവും നിർവചനം പോലെ അവർ നിർവചിച്ചത് ഫിസിക്കലാണ് ഇത് മനസ്സിന്റെ പരം വെച്ചിട്ടാണ് നിങ്ങളൊരു ഓട്ടോറിക്ഷയിലൂപ കൊടുക്കേണ്ടതാണ് അത്ര ദൂരം എല്ലാ ഓട്ടോറിക്ഷക്കാരും വാങ്ങിക്കുന്ന ആമ്പവർ അയാലും നിങ്ങളുടെ കയ്യിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ആമ്പവർ നിങ്ങൾ ഇരുപത് രൂപ നാൽപ്പത് രൂപയുടെ കഴിയുമ്പോൾ പത്ത് രൂപയ്ക്ക് നിങ്ങളവിടെ കിടന്ന് വഴക്കമുണ്ടാക്കും നിങ്ങളുടെ കയ്യിൽ അപ്പോൾ ലക്ഷം രൂപ കയ്യിൽ വായിക്കുന്നു അപ്പോഴും നിങ്ങൾ ഇരുപത് രൂപയ്ക്ക് അന്യായമായി വഴക്കമുണ്ടാക്കുമ്പോൾ നിങ്ങളെ ഏത് പട്ടികയിൽ സമ്പന്നന്റെ പട്ടികയിൽപ്പെടുത്തണോ നിരന്തരന്റെ പട്ടികയിൽപ്പെടുത്തണോ നമ്മുടെ സാമ്പത്തിക ദർശന നിങ്ങൾ പത്ത് രൂപയുടെ നിരന്തരനാണ് ആ സമയത്ത് അയാൾ നിങ്ങൾക്കൊരു പത്ത് രൂപയുടെ വിട്ടുവീഴ്ച തന്നാൽ നിങ്ങൾ സമാധാനമായി ശരിയാണ് മറിച്ച് നിങ്ങളായാലും പത്ത് രൂപ ിൽ നിങ്ങളോ സ്വാമിജിയുടെ ഉറക്കം കെടുക്കും ഇവിടെയുള്ള ബ്രഹ്മചാരികളുടെ ഉറക്കം കിട്ടും അവനൊരുപാട് ചീത്ത കുടിക്കും അവനെന്നോട് വാങ്ങിച്ചു എന്നെല്ലാം ശരിയാണോ പത്ത് രൂപയുടെ ദാരിദ്ര്യമാണ് നമ്മുടെ പക്ഷെ നമ്മൾ കണക്കാക്കുന്നങ്ങനെയാണ് ആ ഒന്നയാളിട്ടിരിക്കുന്ന കോട്ട് ഷർട്ട് അയാളുടെ കയ്യിലുള്ള ബാഗ് അയാൾ വന്ന മറ്റ് ആഡംബര വസ്തുക്കൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ നമ്മളതിലെ സമ്പന്ന അപൂർവം ചിലരെങ്കിലും സം കഴിഞ്ഞൊരു ഫോം വേണ്ട വിളിക്കാൻ കൊള്ളുന്ന പദാണ് ഞാൻ ഫോൺ നാവില് കൊള്ളുന്ന പദമല്ല അത് പറഞ്ഞു കഴിയുമ്പോൾ നമ്മള് ചാണകമുള്ള കലക്കി കുടിക്കുന്നുണ്ട് പറയാതെ പറയുക അത്തരം പദങ്ങളുടെ ഉത്തമ കാവ്യ സന്ദേശം കവികൾ അങ്ങനെയാണ് പറയുന്നത് ചില പദങ്ങൾ നമ്മൾ നാളെ പറയാൻ പാടില്ല അങ്ങനെ ഒരുപാട് അതിൻ്റെ സൂചനകൾ മാത്രമേ നൽകാവൂ അപ്പൊ നമ്മൾ എനിക്ക് ആലോചിച്ചാൽ ദാരിദ്ര്യമാണ് ഇതിനെയൊക്കെ ദാരിദ്ര്യം എന്തിനു വേണ്ടിയാണ് മാനവവിത്തത്തിന് വേണ്ടിയ ദൈവവിത്തത്തിന് വേണ്ടിയാണ് ദൈവവിത്തമാണ് ഗുരുദേവൻ ആ പ്രാർത്ഥനയിൽ നമ്മൾ തരുന്നത് അന്നവും വസ്ത്രവുമെല്ലാം ദൈവവിത്തമാണ് ാലും പറ്റാതിരിക്കാം എത്ര പേരുണ്ടെന്ന് ആലോചിച്ചെങ്കിൽ എല്ലാം ഉണ്ട് ഒന്നും അനുഭവിക്കാൻ പറ്റില്ല തീർന്നു അനുഭവിക്കുന്നവൻ അനുഭവിക്കപ്പെടുന്ന വസ്തു രണ്ടെണ്ണമാണ് ഈ ലോകത്തില് അനുഭവിക്കാനുള്ളത് അന്നമാണ് അനുഭവിക്കുന്നവരും അന്നമാണ് ഭംഗിയായിരിക്കുന്നത് അന്നമാണ് ഞാൻ അന്നാദനുമാണ് അതിൽ വരുന്ന അന്നം സപ്തഅ ഏഴ് അന്നങ്ങളെ തപസാ ുദ്ധികൊണ്ടും തപസ്സുകൊണ്ടുമാണ് ഇത് അവസിച്ചത് ബുദ്ധിയുടെയും തപസിന്റെയും വിളനിലമായ ഏഴ് അന്നങ്ങൾ സപ്താനത്തെ കുറിച്ച് ഞാനൊക്കെ പിന്നോളം പറഞ്ഞിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ ലോകമന്നമാണ് പ്രാണൻ അന്നമാണ് അന്നമാണ് ബുദ്ധി അന്നമാണ് അഗ്നി അന്നമാണ് സോമം അന്നമാണ് ഇതാണ് ആറ് ഴിഞ്ഞ് നിസ്സാരമായ നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് ഇഷ്ടപ്പെടുമാറ് കഴിക്കുന്ന അന്നമാണ് പശു സർവാൻ അവിശേഷേണ പശ്യതി ഇതി പശു പശു പ്രമാണത്തിൽ ഒരിക്കൽ പോയ വഴിയെ അവിടെ പുല്ലില്ലെങ്കിലും പോകുന്നതാണ് പശുവിൻ്റെ വിട്ടി നയിച്ചാൽ ഒരു പക്ഷു സുരടത്തും കൊണ്ട് കെട്ടിയാൽ അവിടെ കൂട്ടൊന്നും വേണ്ട പശു അങ്ങോട്ട് പൊക്കോളും പിന്നെ നമ്മള് കൂടെ ഒഴുകൊന്നും വേണ്ട കഴുതയാണെങ്കിൽ കുറച്ചുകൂടെ കൂടി തന്നെ അത് പശു തന്നെയാണ് ഗോവന്നർത്ഥത്തിലല്ല അവിടെ പശുവിനും ഉപയോഗിക്കുന്നത് ഈ വെളുത്തേട കഴുതയാണ് ഉപയോഗിക്കുന്നത് ഈ തുണി കൊണ്ടുപോകാൻ കണ്ടിട്ടുണ്ടോന്നറിയില്ല ഇപ്പോഴുള്ള കുറവാണ് പഴയ കാലത്ത് ഈ തുണി കൊണ്ടുപോകാനായിട്ട് കുളത്തിലേക്ക് നനയ്ക്കാൻ കൊണ്ടുപോകാനും കഴുതയാണ് നല്ല വെളുത്തേടനും കഴുത ഉണ്ടാവും ഇപ്പൊ ഒരു കയറ് വാങ്ങിച്ച് കഴുതെ കെട്ടിട്ടുണ്ടാവും പുറത്ത് തുണിയെല്ലാം വെച്ചു കൊണ്ടുപോയി നനച്ച് തിരിച്ചു കൊണ്ടു ഉണങ്ങാനിടുന്നതിന് മുമ്പ് പിന്നെ കഴുതെ ഒരു കയര കെട്ടും പക്ഷെ മിടുക്കനായ വെളുത്തേടൻ ഈ കയറ് പൊട്ടിപ്പോയാൽ പിന്നെ കയറ് വാങ്ങിക്കാറില്ല കഴുതെ കൊണ്ടുവരുമ്പോ കയറുകൊണ്ട് കെട്ടി എന്ന് കാണിക്കുകയുള്ളു കഴിഞ്ഞ ഇന്നലെ വരെ എത്ര ഓട്ടത്തിൽ സഞ്ചരിച്ചോ അതിനപ്പുറത്തോട് സഞ്ചരിക്കുക നമ്മുടെ ഇന്ദ്രിയങ്ങളെ എങ്ങനെ ചെറുപ്പത്തിൽ പരിശീലിപ്പിക്കുന്നു അതിനപ്പുറത്തേക്ക് ഒരിക്കലും ഇന്ദ്രിയങ്ങൾ പോല ജാത്യാചാരങ്ങൾ മതാചാരങ്ങൾ ഇവയെല്ലാം ഇന്ദ്രിയങ്ങളുടെ പരിപ്രേക്ഷ്യമുള്ളവയെല്ലാം എത്ര തെറ്റായിരുന്നാലും എത്ര തെറ്റാണെന്ന് ബോധ്യപ്പെട്ടാലും ഒഴിവാക്കാൻ പറ്റില്ല അതെല്ലാം ചേർന്ന ആഹാരവും അങ്ങനെ തന്നെയാണ് കുട്ടിക്കാലത്ത് സാമ്യം വന്ന ആഹാരം ഉപേക്ഷിക്കാൻ പറ്റില്ല ഒരു കാലത്തും ഉപേക്ഷിക്കാൻ പറ്റില്ല അതാണ് രോഗങ്ങളിലൊക്കെ വലിയ പ്രശ്നമായി വരുന്നത് ഏറ്റവും വലിയ പ്രത്യേകതയാണ് പിന്നല്ലെങ്കിൽ ആദർശമുള്ള ആരെയെങ്കിലും കണ്ടുമുട്ടി അവരോട് താല്പര്യം തോന്നി അവിടെ മുതൽ ആഹാരമാണ് അത് വേറെ അപകടങ്ങൾക്ക് കാരണം അസുഖങ്ങളിലൊക്കെ വരുമ്പോ സ്വാമിജിമാരെയൊക്കെ കാണുമ്പോ പ്രകൃതി ചികിത്സയിലൊക്കെ കാണുമ്പോൾ നിങ്ങളെല്ലാം ഒറ്റയടി അങ്ങ് വെജിറ്റേറിയൻ ആയി മാറും സാമജീവനോട് ക്ഷമിക്കണം ഞാൻ നിങ്ങളോട് പറയാൻ അങ്ങനെ ആവുള്ളൂ ഞാൻ അങ്ങനെ പറയുന്നതിന് എനിക്ക് രണ്ട് കാരണങ്ങളോ പ്രഥമ കാരണം നിങ്ങൾക്ക് വേണ്ടി പറയുന്നതാണ് രണ്ടാമത്തെ കാരണം എനിക്ക് അത് കാരണം നിങ്ങൾക്ക് വേണ്ടി പറയുന്നതാണ് കാരണം നിങ്ങളുടെ ശരീരം കുറേ കാലമായി വെജിറ്റേറിയൻ അല്ലെങ്കിൽ വൈറ്റമിൻ ബിട്ടൊന്ന് ഉൽപ്പാദിപ്പിക്കും അങ്ങനെ വരുമ്പോൾ രോഗം വരുമ്പോൾ ആദ്യം പോയി ടെസ്റ്റ് ചെയ്യേണ്ടത് വീട്ടോലാണ് എന്ത് രോഗമായിരുന്നാലും ബ്ലഡിലെ ബീറ്റോലിൻ്റെ അളവ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ചികിത്സ ചെയ്താൽ നിങ്ങളുടെ ഏത് രോഗമായിരുന്നാലും അത് മാറി അതുകൊണ്ടാണ് പ്രഥമമായി നിങ്ങൾക്ക് വേണ്ടി വേണ്ടി പറഞ്ഞത് ഒരാളെ കണക്കാക്കോ ഒരാടിനെ തിന്നുന്നതോ ഒരു നാല് കോഴിയെ കഴിക്കുമെന്ന് ഏരിയ ഒരു രണ്ടു കിലോ മത്സ്യം കഴിക്കുമെന്ന് ഏരിയ ഇയാൾ പച്ചക്കറി കഴിക്കാൻ തുടങ്ങിയ ഞാൻ മനസ്സിലായോന്നറിയില്ല രണ്ടാമത്തൊന്നും നല്ലവരെ മനസ്സിലായി കാരണം പെട്ടെന്ന് നോൺ വെജിറ്റേറിയൻ മാറുമ്പോൾ ഇതെല്ലാം നമ്മൾ വലിച്ചു അതായിട്ട് സ്വാധീനം ഒന്നും അല്ല ചേട്ടാ അപ്പോ അതിൽ നിന്നുണ്ടാകുന്ന അധിക ഭക്ഷണത്തിൽ ഉണ്ടാകുന്ന ഒട്ടേറെ ബുദ്ധിമുട്ടുകളാണ് ലോക മാർക്കറ്റില് പക്ഷിയ ദൗർലഭ്യ അത് എന്നെ പതിക്കുന്നു മനസ്സിലായ ഇപ്പൊ മനസ്സിലായി അപ്പം അതുകൊണ്ട് ഭക്ഷണ കാര്യത്തിൽ നമ്മളുടെ ഇന്ദ്രിയങ്ങൾ പലപ്പോഴും ഇങ്ങനെയാണ് അതിന് ശീലമുണ്ട് സാൽമ്യം എന്നാണ് ആയുർവേദാചാര്യന്മാർ അവിടെ പറയുന്നത് സാൽമ്യമുള്ളത് കഴിക്കണം സാൽമ്യം നോക്കി കഴിക്കണം അത് പശുവന്നത്തിൻ്റെ കാര്യമാണ് പശുവന്നമല്ല ഇവിടെ മുഖ്യ അന്നം അത് ഒരു അന്നമയാകുന്നു ദൈവദത്തമായ ഒരന്നമയാകുന്നു ദൈവദത്തമാണ് ധനം കൊണ്ട് നേടാവുന്ന ധനസാധ്യമായ ഏഴ് അന്നങ്ങൾ അപ്പോൾ ദൈവദത്തമായ ലോകം എങ്ങനെ ഇരിക്കും വ്യക്തിയുടെ ഇന്ദ്രിയങ്ങൾ വ്യക്തിയുടെ മനസ്സ് സൃഷ്ടിക്കുന്ന ലോകം ഒരുപാടും സമഷ്ടി മനസ്സിന്റെ സൃഷ്ടിയായ ലോകം വളരുന്നത് സമഷ്ടി മനസ്സ് സൃഷ്ടിക്കുന്ന ലോകം പൂർണ്ണമാണ് വൈകല്യങ്ങൾ ഇല്ലാത്തതാണ് നന്മ നിറഞ്ഞത സത്വഗുണം പ്രധാനമാണ് ിയുടെ ആഗ്രഹങ്ങൾ നിറഞ്ഞ ലോകം ഇതിനോട് ചേർന്ന് നിൽക്കുമ്പോൾ നന്മ നിറഞ്ഞതാണ് ഇതിനോട് ചേരാതെ വരുമ്പോൾ വാസന അനുസരിച്ച് തിന്മകളുടെ ഏറ്റക്കുറച്ചിലുള്ളതാണ് തിന്മകളുടെ ഏറ്റം കുറച്ചിലുള്ളതാണ് എല്ലാം തിന്മയാണെന്നല്ല തിന്മയും നന്മയും കലർന്ന് ഏറ്റം സമൂഹത്തോട് ചേർന്ന് നിൽക്കുകയും വ്യക്തിപരമായി അന്നത്തോട് ആഗ്രഹം കൂടുകയും ചെയ്താൽ തിന്മ ഒളിഞ്ഞിരിക്കുന്നതും നന്മ പ്രകടമായതുമായ അന്നമാണല്ലോ അതാണ് നമ്മൾ സാധനകാലങ്ങളിൽ തിരിച്ചറിയേണ്ടത് ദൈവമിത്രത്തെ തിരിച്ചറിയുമ്പോൾ സാധനകാലങ്ങളിൽ ഏറ്റവും അടുത്തറിയേണ്ടത് എന്നിലെ എന്നെയാണ് ഞാൻ അറിയുന്നത് സാമൂഹ്യാവബോധമുള്ള ആത്മബോധത്തിൻ്റെ പ്രകാശം അനുഭവിക്കുന്ന എന്റെ സമഷ്ടിബോധം ധർമ്മരൂപമായി ലോകത്തിനു മുമ്പിൽ നിന്നു വെഷ്ടിരൂപങ്ങളായ വാസനകൾ അധർമ്മരൂപമായി ഒളിഞ്ഞു നിൽക്കുകയും ചെയ്യുന്നുള്ളൂ ആധുനിക ഇന്ത്യൻ പഠനങ്ങളിൽ പൂർണ്ണമായും അത് അപഗ്രഥനാത്മകവും വ്യവച്ഛേദനീയവും എല്ലാത്തിനെയും വേർപെടുത്തി പഠിക്കുന്നതും അല്ലാത്തതുമുണ്ട് സമഗ്രമായ ധർമ്മബോധം ലോകസാക്ഷ്യത്തിനും വ്യക്തിപരമായ വാസനകൾ നമ്മുടെ ഒളിവിലും നിൽക്കുന്നുണ്ട് ഇത് മാത്രമാണ് ആധുനിക മനുഷ്യന് മാനസികമായും ശാരീരികമായും അനുഭവിക്കുന്ന സംഘർഷങ്ങളിൽ പ്രധാന ദൈവവിത്തത്തിൻ്റെ സപ്താന് സർഗത്തിലെ ദൈവവിത്തത്തിൻ്റെ ലോകം പ്രാണൻ മനസ്സ് ബുദ്ധി സോമം അഗ്നി ഇവയുടെ സുതാര്യമായ ഉപയോഗം നമുക്ക് നഷ്ടപ്പെടും സുതാര്യമായി അതിനെ ഉപയോഗിക്കുവാനുള്ളൊരു തന്ത്രം അത് നമ്മുടെ ശരീരത്തെ മനസ്സിനെ ഇന്ദ്രിയങ്ങളെ ആത്മാവിനെ ഏകത്ര സംയോജിപ്പിച്ചു കൊണ്ടുപോകുമ്പോൾ ആരോഗ്യവും ആയുസും സമ്പൂർണമാകുന്നുവെന്ന് ഭാരതീയ വൈജ്ഞാനികൾ വളരെ വ്യക്തമായി പലതലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് ഏറ്റവും നല്ല അറിവിൽ പറഞ്ഞത് ശരകനാണെന്നാണ് എനിക്ക് തോന്നുന്നത് ശരീര ഇന്ദ്രിയ സത്വാത്മാ സംയോഗ അനുബന്ധയിൽ ആയുരുച്യത അദ്ദേഹം കൊടുക്കുന്ന നിരോചനം ശരീരം ഇന്ദ്രിയം സത്വം മനസ്സ് ആത്മാ ഇതിൻ്റെ സംയോഗമാണ് ജീവിതം അത് തന്നെയാണ് ആയുസ് അതിൻ്റെ പര്യായങ്ങളാണ് നിത്യകം അനുബന്ധം എന്നൊന്നുള്ള ജീവിതം നിത്യകം അനുബന്ധം എന്നെല്ലാം പറയുന്നത് ഈ ആയുസിൻ്റെ പര്യായ ശബ്ദങ്ങളാണ് അതിനെ രൂപപ്പെടുത്തുന്നത് ഈ സപ്താന്ന സർഗത്തിൽ നിന്നാണ് സപ്താന്നങ്ങളിൽ രൂപപ്പെടുന്നത് എത്ര ബുദ്ധിമേധ എന്ന എത്ര കണ്ട് ലളിതമായി വിനയാന്വിതമായി ഈശ്വരാഭിമുഖമായി വികസിക്കുന്നു എത്ര തപസ് നിങ്ങൾക്കുണ്ടാകും അല്ലെങ്കിൽ ഇതൊക്കെ ഉണ്ടാകാം ഉണ്ടാകാതിരിക്കാം കുറെ പേർക്ക് അന്നം ലഭിക്കാത്തത് കൊണ്ടുള്ള നമുക്ക് ലോകം എഴുത്താൽ രണ്ടായി തിരിക്കാമെന്ന് തോന്നും നല്ലൊരു ശതമാനവും ഈ ഏഴ് അന്നങ്ങളും കിട്ടാത്തത് ബുദ്ധിയുടെ വികാസക്കുറവ് മനസ്സു നേരെയല്ലാത്തത് പ്രാണൻ ആവൃതിയുള്ളത് വാദവികാരങ്ങളെല്ലാം ഉള്ളത് എല്ലാ വാദവികാരങ്ങളും ശക്തമായി ജ്വലിച്ച് നിൽക്കുന്നത് ഭട്ടതിരിയൊക്കെ എടുത്താൽപ്പെടുമായിരുന്നു നാരായണ ഭട്ടതിരിയും അപ്പൊ അങ്ങനെ വരുന്ന പ്രാണൻ എന്ന അന്നം വികലമായ അപ്പൊ അതിനകത്ത് ലോകം എന്ന് പറയുന്ന നമ്മൾ കാണുന്ന ലോക്യതേ ലോക ശബ്ദം സ്പർശം രൂപം രസം എനിക്ക് നല്ല ശബ്ദങ്ങളെ കേൾക്കാൻ നല്ല കാര്യങ്ങളെ കാണാൻ നല്ല കാര്യങ്ങൾ തൊട്ടറിയാൻ ഒന്നും അവസരം ലഭിച്ചില്ല അവസരം കിട്ടിയിരുന്നെങ്കിൽ ഞാനിങ്ങനെയൊന്നും അല്ലായിരുന്നു ഇങ്ങനെ ലോകമെന്ന എണ്ണവും മനസ്സെന്ന എണ്ണവും ബുദ്ധിയെന്ന എണ്ണവും പ്രാണനെന്ന എണ്ണവും തൻ്റെ ഉള്ളിലെ അഗ്നി പതിമൂന്ന് അഗ്നികളാണ് നമ്മുടെ ഉള്ളിൽ ജ്വനിക്കുന്നത് ജഡരാഗ്നി ഭൂതാഗ്നി താത്വഗ്നികൾ പഴയ ശരീരശാസ്ത്രം അങ്ങനെയാ പറയുക അതായത് ആദ്യം കഴിക്കുന്ന ആഹാരം ഭൂമിനീര മുതലായ പദാർത്ഥം ആ അഗ്നികളിലൂടെ ജഢരാഗ്നിന്ന് അതിന് പറയും അതിനുള്ള ഒന്ന് ദഹിക്കും അത് മലവും രസവുമായി വളർന്നിരിക്കും ഈ രസം നേരിട്ട് നമ്മൾ സ്വീകരിക്കുകയൊന്നുമില്ല ആ രസത്തെ പാചകവിത്തം രഞ്ജകവിത്തം ആലോചക വിത്തം പ്രാചകവിത്തം സാധക വിത്തം എന്ന ഭൂതാഗ്നികളിൽ ധരിക്കും അതുകൊണ്ടാണ് ആധുനിക രീതിയിൽ ഒരു മന്ദബുദ്ധിയായ കുട്ടിയേനങ്ങള് പഴയ ഏതെങ്കിലും ഈ തത്വങ്ങൾ അറിയുന്ന ഒരു വൈദ്യനെ കൊണ്ടുപോയി കാണിച്ചാലും അതിൽ ചില മരുന്നുകൾ ഒരു മറ്റത് കാര്യങ്ങൾ ടൈപ്പിൽ ക്രോമസോണുകളുടെ അപറേഷനാണ് ഇതൊക്കെ ജന്മവൈകല്യമാണ് അവിടെ ഒരു അഗ്നി ആണ് ആ ജന്മവൈകല്യം സാധക വിത്തമെന്ന ഒരു അഗ്നിയുടെ വൈകല്യമാണ് ഞാൻ പഠിക്കുന്നു പഠിക്കുന്നത് എനിക്ക് ഓർമ്മ വരുന്നില്ല പല കാര്യങ്ങളിലും ഞാൻ കൊടുക്കാനാണ് പക്ഷെ എൻ്റെ ഓർമ്മ ശരിയല്ല സാധക വിത്തത്തിൻ്റെ വൈകല്യമാണ് കറുത്ത ഒരു ഭാര്യയാണ് കറുത്ത ഒരു ഭർത്താവാണ് വിവാഹം കഴിച്ചു കുട്ടിയുണ്ടാ വെളുത്ത ഒരു കുഞ്ഞിനെ ആഗ്രഹിക്കുക നിങ്ങൾ ഒരുമിച്ചിരിക്കും ആയുർവേദം അതിന് പറയും അതിന്റെ പാചക വിത്തം ശരിയാക്കി എടുത്താൽ കുഞ്ഞന നിങ്ങളുടെ അടുത്ത് തന്നെ ഇവിടെ കായംകുളം എന്ന് പറയുന്ന സ്ഥലത്ത് പ്രസിദ്ധനായ ഒരു കുഞ്ഞുരാമൻ വൈദ്യൻ ഉണ്ടായിരുന്നു കേട്ടിട്ടുണ്ടോ ും ഈ പിന്നെ കാരണമെന്ന് അദ്ദേഹത്തിന് അറിയുന്നതും കൊണ്ട് അത് വളരെ വ്യക്തതയോടുകൂടി അതിനുള്ള ആഹാര പദാർത്ഥങ്ങളെ നിശ്ചയിച്ചു കൊടുത്ത് കുഞ്ഞ് ജനിച്ചു പൂർണ്ണമാകുന്നതും അദ്ദേഹത്തിന്റെ അനുഭവത്തിൽ അദ്ദേഹം ഭംഗിയായി അടുക്കളുകൂടി ശാസ്ത്രീയമായി അവഗ്രഹിച്ചിട്ടുണ്ട് ചികിത്സാനുഭവങ്ങള് അദ്ദേഹം വ്യക്തമായി രേഖപ്പെടുത്തി അതിന്റെ കാരണം ഇതാണ് അത് പാചക വിത്തമാണ് പൂതാറ്റ നീല് അത് ആലോചക വിത്തമാണ് രക്തത്തിന് വൈകല്യം രക്തധാതുവിൽ വൈകുക അതിൽ വരുന്ന ഭൂതം രഞ്ജകവിത്തമാണ് ഇത് അഞ്ചും കഴിഞ്ഞാൽ വീണ്ടും ഈ അഞ്ചും കൊണ്ട് തീരില്ല രസം ആയുർവേദം ധാതു എന്നാണ് പറയുന്നത് ധരിക്കുന്നത് ധാതു എന്ന് പറയുന്നത് സമാനമായ ഗുണങ്ങളോടുകൂടിയ കോശങ്ങളുടെ സമൂഹത്തെയാണ് ധാതു എന്ന് പറയുന്നത് അങ്ങലേയവൽക്കരിച്ചാൽ ടിഷ്യ എന്ന് പറയാം കോശസമൂഹം ഒരേ പ്രവൃത്തിയുള്ള കോശങ്ങളുടെ ഒരു സമൂഹമാണ് രസധാതു പ്ലാസ്മ ഒരേ തരത്തിലുള്ള കോശങ്ങളുടെ സമൂഹമാണ് രക്തം രക്തധാതു ഒരേ തരം കോശങ്ങളുടെ സമൂഹമാണ് മാംസധാവ് അതുപോലെ ഒരേ തരമാണ് മേധോധാവം അതേപോലെ ഒരേ തരമാണ് അസ്ഥിധാവ് മജ്ജാധാവ് ശുക്രധാപ് ഇങ്ങനെയാണ് ധാതുവിനെ നിർണ്ണയിക്കുന്നത് ഇപ്പം ഈ കഴിക്കുന്ന അന്നം അന്നമെന്ന് പറയുമ്പോൾ പ്രത്യേകം ഓർക്കണം ഏഴ് അന്നവും ഒന്നിച്ചാണ് ഞാൻ പറയുന്നത് കഴിക്കുന്ന ആഹാരം മാത്രമല്ല ഹാരം കഴിക്കുമ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആഹാരവുമായി ചിലപ്പോൾ കണ്ടിട്ടുണ്ട് നിങ്ങൾ പലരും ഇന്ന് കുട്ടികൾക്ക് ആഹാരം കൊടുക്കുന്നത് അതിൽ സങ്കടകരമായത് പോകി ബീ മൂന്നാം ലോകരാജ്യങ്ങളിലെ കുട്ടികളെ എങ്ങനെ നശിപ്പിച്ചെടുക്കാമെന്ന് ഗവേഷണം ചെയ്തതിൻ്റെ ഫലമാണ് ആ പോലെ ഞങ്ങളുടെ പ്രസിദ്ധനായ ഒരു സ്വാമിജി വളരെയധികം പണം ആവശ്യമുള്ള ഒരു പ്രോഗ്രാമിൽ ശ്രമിച്ചായി നിങ്ങൾ ഈ ഗൃഹസ്ഥന്മാരും ഒന്ന് കൂടിയാൽ സ്വാമിജിമാരെ എന്നിട്ട് അത് ചെയ്യണം ഇത് ചെയ്യണം എന്നു പറയാം അതൊക്കെ ചെയ്തില്ലെങ്കിൽ സ്വാമിമാർ മോശക്കാരോ ഇവിടെ എങ്ങനെയാന്ന് എനിക്കറിയില്ല അപ്പോൾ നിങ്ങളൊക്കെ വളരെ പാവങ്ങളിൽ നല്ലവരുമായി സ്വാമിജിമാരെ അധികം ചുറ്റിട്ടുണ്ടാവില്ല അതുകൊണ്ട് ഈ മരവൊക്കെ ഇവിടെ അല്ലെങ്കിൽ ഈ മഴയൊന്നുകൂടെ നിൽക്കാനൊരു സാധ്യതയുള്ളതല്ല അപ്പോ ഞാൻ പറഞ്ഞു വരുന്ന ഈ സ്വാമിജി അദ്ദേഹത്തെ ചെന്ന് പട്ടം പിടിച്ച് അദ്ദേഹം വലിയൊരു പ്രോജക്റ്റൊക്കെ ഉണ്ട് വലിയ പരിപാടിയുള്ളതാണ് മുഴുവൻ മാറ്റിമറിക്കാവുന്ന ഒരു പ്രോഗ്രാം തീരുമാനം അതായത് പണം വേണം അദ്ദേഹം കാറുമൊക്കെ എടുത്തു നടന്നു പോയാൽ തിരികഞ്ചു ഏറ്റവും വലിയ കാറെടുത്ത് പോകണമെങ്കിൽ പിന്നെ അതിനനുസരിച്ച് കൂടും ഇതൊക്കെ ശരിയാണോ ഏ ശരിയാണോ സ്വാമിജിയൊക്കെ കാടുവായിട്ട് അവർ ചെയ്യും ഭക്തന്റെ വീട്ടിൽ ചെന്നു ഭക്തന്റെ വീട്ടിൽ ചെന്ന് വണ്ടിയൊക്കെ നിർത്തി പണം ചോദിക്കുന്നതുകൊണ്ട് നേരെ ചെന്നു ചെന്ന് അപ്പോൾ അവർ കാപ്പു പിടിക്കാണോ പറയും മേശയ്ക്ക് കാപ്പു ഒരു പയ്യെ ഓടിക്കൊണ്ട് ഈ മേശ പ്രത്യേകിച്ച് ചാടില്ല കൊച്ചു പയ്യനാണ് ഒരു എട്ട് പ്രായം ചാടിപ്പിരി മിക്കവഴിച്ചോണ്ടിരിക്കുന്നവരുടെ മുമ്പിൽ വെച്ചാൽ വൈറ്റസ് ഞെട്ടിയിട്ട് ശബ്ദായമാനമായി അതിൻ്റെ അധോ വായു പോട്ടെങ്കിലും വെറുതെ വയ എനിക്ക് ശബ്ദിക്കുക സ്വാമിജി ഹൗ സ്മാർട്ട് ഹീസ് പറഞ്ഞു അങ്ങനെ അതിലേക്ക് ഇനി പോകാം അതി കൂടെ ഉള്ളവരോട് ഇംഗ്ലീഷില് അദ്ദേഹം കുട്ടിയുടെ സ്മാർട്ട്നെസിനെ കുറിച്ച് വളരെ പ്രശംസിച്ചു അച്ഛനും അമ്മയ്ക്കും സമാനമായി ഇവരിവനെ അകത്തിട്ടിരുന്നതാണ് നിങ്ങൾ ഒരു തരത്തിലാണ് കടകൾ തുറന്നു പുറത്തു വന്നത് അതോട് വരുമ്പോ ഇവനെ അകത്തിട്ടുക പക്ഷെ ഇവ ചാടി കിറി കോലകാലം കാണിക്കുകയും ചെയ്യുന്നു ആകെ നനക്കേടായിരിക്കുമ്പോൾ സ്വാമിജിയെ രക്ഷിച്ചതാണ് അതുകൊണ്ട് പിരിവ് ഒരു ലക്ഷം എന്ന് പറയുന്നത് ലക്ഷമായി മാറി സ്വാമിജിയും സംതൃപ്താൻ അവരും സംതൃപ്തൻ കാര്യം ഭംഗിയായി പക്ഷെ കൂടെ ഉണ്ടായിരുന്നയാൾ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നയാൾ അല്പം മനഃശാസ്ത്ര താല്പര്യമുള്ള ആളായതുകൊണ്ട് സാമുഖ്യമൊക്കെ പോയി കഴിഞ്ഞ് കുട്ടിയെ സഭിയാണ് പ്രകടമായ ചില ലക്ഷണങ്ങൾ കോണ്ടക്ട് ഡിസോർഡറിൻ്റെ ഉണ്ട് എന്ന് ചെറുപ്പത്തിലേക്കും കോണ്ടക്ട് ഡിസോർഡർ ഒരു മാരക മാനസിക രോഗമാണ് നമ്മളുടെ സമൂഹത്തിലെ ചെറുപ്പക്കാരിൽ നിന്ന് വളരെ കൂടുതലായി കാണുന്ന ഒരു രോഗമാണ് അപ്പൊ എന്റെ താളമന്വേഷിച്ച് പോകുമ്പോഴാണ് ഷൂവിനകത്ത് ചായ ഒഴിച്ച് കുടിക്കുക സോക്സിനകത്ത് ഏത്തപ്പഴം പുഴുങ്ങി വെച്ച് തിന്നുക ഇതൊക്കെ കാണിക്കുന്ന ഒരു ചാനലുണ്ട് എന്ന് സ്വാമിജി അറിയുന്നു സ്വാമിജി ഏഴ് ദിവസം കണ്ടിന്യൂസ് ആയി നോക്കിയപ്പോ സ്വാമിജിയുടെ ബ്രെയിനിൽ ചെറിയ മാറ്റങ്ങള് സ്വാമിജിയിൽ പോലും അതും പിറ്റേ ദിവസം കണ്ണിൽ പോയി ഒരു അസ്വസ്ഥ അപ്പൊ പിറ്റേ ദിവസം സ്വാമിജി പോലെ പോകേണ്ട മുമ്പിൽ അപ്പൊ നല്ല സ്റ്റഡിക്ക് വിധേയമാക്കണമെന്ന് അദ്ദേഹം തീരുമാനിച്ചു അങ്ങനെ നടത്തിയൊരു നീണ്ട പരീക്ഷണം അദ്ദേഹം പറഞ്ഞതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് നിർപരീക്ഷമാണ് പരീക്ഷിക്കാൻ പോയി വീടിന് അപ്പൊ ലോകം എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ആഹാരം കഴിക്കുമ്പോഴും അല്ലാത്തപ്പോഴും ആരാധകരേടേ ഉള്ളൂ അത് നിങ്ങൾക്ക് നോക്കിയാലറിയാം നിങ്ങളിപ്പോൾ വന്നിരിക്കുന്ന കുരുമുളകൻ വന്നു ഈ ഏഴ് ദിവസത്തെ പരിപാടി കഴിയുമ്പോഴേക്കും നിങ്ങൾ നിങ്ങൾക്കിണങ്ങിയ സുഹൃത്തുക്കളുമായി ഇവിടെ ഒരു കൂട്ടുകൾ കേന്ദ്ര അടുത്ത തവണ വരുന്നതിന് അവര് വരുന്നുണ്ടോ എന്ന് ഇത്തവണ ഞാൻ വരുന്നില്ല എന്നാൽ ഞാൻ പോകുന്നില്ല ഇതിന് കാരണം ലോകമെന്ന അന്നം നമ്മെ വലയ്ക്കുന്നതാണ് എവിടെ ചെന്നാലും ഏത് മേഖലയിൽ ചെന്നാലും ലോകം നമുക്കിണങ്ങുമാറും നമ്മൾ കണ്ടെത്തിയിരിക്കും നമുക്ക് പൂജിക്കാൻ അതിനകത്തുനിന്ന് എങ്ങനെയാണ് പുറത്ത് കിടക്കുന്നത് നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ നമ്മുടെ മനസ്സിൻ്റെ നമ്മുടെ ബുദ്ധിയുടെ തലങ്ങളിൽ ഇതെങ്ങനെയാണ് പചിച്ച് കഴിക്കുന്ന അല്ലവും ഈ കഴിക്കുന്ന ലോകവും പചിച്ച് എങ്ങനെയാണ് നമ്മുടെ ഒരു ദിവസം രാവിലെ ഒരാളാതനാവുന്നത് കാരണം അയാൾക്ക് ഒരെണ്ണം വീട്ടിലെ ബന്ധുക്കൾക്കൊരു കാരണ വീട്ടിലെ ബന്ധുക്കൾ ചിലര് പറയുക ആ ദിവസം രാവിലെയാണ് വീട്ടിലൊരു പ്രശ്നം മറ്റു ചില ബന്ധുക്കൾ പറയുക അന്നാണ് ഇന്നെ വീട്ടിലേക്ക് കയറി വന്നത് അത് കഴിഞ്ഞപ്പോഴാ തന്നെ തോന്നുന്നു എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഏ പിന്നെ ഒരാൾ വന്ന ഉടനെ കണ്ണിന്റെ കാഴ്ച പോകും ചെവിയുടെ അന്നാണ് ഇനി ആളിന്റെ മരണമുണ്ടായത് ഇങ്ങനെ കുറെ കാരണങ്ങൾ കണ്ടുപിടിക്കും ശരിയുണ്ടോ ഏ വൈദ്യശാസ്ത്രത്തിന് സംഭവ നിങ്ങൾ അവിടെ ചെന്ന് ഫിസിഷ്യനെ കാണുമ്പോൾ അയാൾ പറയും ഇത് ഒട്ടിക്ക് നിറവിൻ്റെ വീക്ക്നസ് ആണ് ഇതിന് ലക്ഷ്യമൊന്നുമില്ല കുറഞ്ഞു കുറഞ്ഞു ഒന്ന് കാഴ്ച നടത്തുന്നത് അവര് കണ്ടുപിടിക്കുന്ന മറ്റൊരു കാരണം ഒരു സിദ്ധാന്ത എടുക്കുക ചെന്നാൽ അയാളിൽ കണ്ടെത്തുന്നത് വേറൊരു കാരണം ജ്യോതിഷി മറ്റൊരു കാരണമാകട്ടെ അതായത് പൂർവ്വജന്മൊക്കെ പറയും നിങ്ങൾക്കും അയാൾക്ക് നിശ്ചയില്ലാത്ത ഒരു കാര്യമായതുകൊണ്ട് അതായിരിക്കും കൂടുതലും വിശ്വാസം ശരിയെന്ന വല ഞാൻ ഉപയോഗിച്ചതിരിക്കരുത് നിങ്ങക്ക് എളുപ്പവും വിശ്വാസവും അതായിരിക്കും ബാക്കിയുള്ളവരെ കാണാൻ വിശ്വാസം ഇല്ലെന്ന് പറയുകയും രഹസ്യമായി അത് ചെയ്യാൻ ഏ ആരും അറിയണ്ട ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല കേട്ടോ എന്നെ കണ്ടാല് ഞാനതൊന്നും വിശ്വസിക്കാവുന്നയാള ശരിയാണ് അപ്പൊ അതുകൊണ്ട് ജീവിതത്തിലുടനീണ നമുക്ക് ഈ അന്നങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ പല പ്രശ്നങ്ങളുടെയും ഉറവിടം അതാണെന്ന് കാണാം അതുകൊണ്ടാണ് സാമം അഹമന്നം അഹം അന്നം അഹം അന്നവും അന്നും ഞാൻ തന്നെയാണ് രണ്ടും ആണ് എങ്ങനെയാണ് ഈ അന്നത്തെ അന്നാദിനെ അറിയുക നമ്മളൊരു പണിക്കാരനെ വിളിച്ച് പണി ചെയ്തു അവൻ കപ്പിടുന്നു വാഴ്വെക്കുന്നു ഒക്കെ ചെയ്യും അവന്റെ ആ അധ്വാനമാണ് കപ്പയായി നമ്മൾ കഴിക്കുന്നത് അവിടെ മഹത്തായ അന്ന അവനും അന്നാദൻ നമ്മളുമാണ് അന്നത്തിന് അന്നാദനേക്കാൾ മഹത്യമാണ് ഇങ്ങനെയാണ് ബന്ധത്തെ വൈദികി നിർവചിക്കുന്നത് അന്നമുണ്ടെങ്കിലേ അന്നാദനുണ്ട് അതുകൊണ്ട് അവൻ അന്നവും നമ്മൾ അന്നാദനും അന്നാദനും താന്നിരുന്ന അന്നത്തെ ബഹുമാനിച്ചു കഴിയണം അന്നം ന നിയാത് തന്ത്വ്രതം അന്നം നരിതം അന്നം ബഹു കുർവീത അന്നം മുതൽ അന്നം വരെയാണ് നമ്മളുടെ യാത്ര അച്ഛൻ കഴിച്ച് അന്നത്തിൽ നിന്നുള്ള ബീജവും അമ്മ കഴിച്ച് അന്നത്തിൽ നിന്നുള്ള അന്തവും അമ്മയും അച്ഛനും കഴിച്ച് അന്നമുണ്ടാക്കിയ വികാരവും അതിലുള്ള സംയോഗവും അമ്മ കഴിച്ച് അന്നത്തിൻ്റെ സൂക്ഷ്മംശം കൊണ്ടുള്ള ഗർഭാശയത്തിലെ വളർച്ചയും ആ അന്നത്തിൻ്റെ മഹാത്മ്യം കൊണ്ടുള്ള പ്രസവവും ആ അത് അന്നം ആരെങ്കിലും വാരിത്തന്നത് വളർച്ചയും പിന്നെ തന്നെ വാരിത്തിന്നുള്ള വളർച്ചയും മരിച്ചു വീണാൽ കുഴിച്ചിടുമ്പോൾ പുഴുവിനന്നവും കത്തിച്ചാൽ മരങ്ങൾക്കന്നവും മരത്തെ കെട്ടിവെച്ചാൽ കഴുകിനന്നവും വെള്ളത്തിലിട്ടാൽ മത്സ്യത്തിനന്നവും അന്നം മുതൽ അന്നം വരെയാണ് സദ്യിച്ചാൽ നമ്മുടെ യാത്ര അതിലെ വ്യത്യാസത്തിനുള്ള വഴക്കൊക്കെ ഉള്ളു കുഴിച്ചിട്ടത് മഹാത്മ്യമാണെന്ന് ചിലത് കത്തിച്ചാൽ മഹാത്മ്യമാണെന്ന് മറ്റു ചിലരുത് ഒക്കെയുള്ള വഴക്കേ ഉള്ളൂ പണി മുഴുവൻ അന്നം മുതൽ അന്നം വരെയാണ് ഒറ്റ ശരിയായിരിക്കും ശരിയായിരിക്കുമോ ശരിയാണ് ഈ അന്നം മുതൽ അന്നം വരെയുള്ള യാത്രയിൽ അന്നമാണ് എല്ലാം അന്നം ബ്രഹ്മേന്ദ്ര അതുകൊണ്ട് അന്നത്തെ നിന്ദിക്കുന്നു വയറ് നല്ല പോലെ നിറഞ്ഞിരിക്കുമ്പോൾ ഒരാൾ വിളിച്ചു കഴിക്കാൻ വരാൾ വിളിച്ചു വേണ്ടെന്ന് പറയുന്നത് അപ്പൊ കഴിച്ചതാണ് ഈ സമയത്ത് കഴിക്കുന്ന ശീലം പിന്നെ കഴിക്കാം വേണ്ടെന്ന് പറയും വേണ്ടെന്ന് പറയുമ്പോൾ ആ അന്നത്തിന്റെ രൂപവും വേണ്ട എന്ന ശബ്ദവും തലരുണ്ടാവും നാളെ അന്നം ഇറങ്ങാതെ വിഷമിക്കും കാരണം അന്നം രൂപാന്തരപ്പെട്ടതാണ് ഈ കോശങ്ങളെല്ലാം അന്നത്തോടുള്ള സമീപനമനുസരിച്ചാണ് ഇതിന്റെ വികാസം അന്നം ഉപേക്ഷിക്കരുത് ഭാര്യയോട് പണങ്ങി അന്നം കഴിക്കാതെ പോയി ചുരുണ്ടുകൂടി കിടന്നു എത്ര വഴക്കുണ്ടാക്കിയാലും വിശക്കുന്ന സമയത്ത് ചോറ് അന്നം കഴിക്കണം വഴക്കു വേറെ അന്നം വേറെ ഭർത്താവുമായി പണങ്ങി അയകത്ത് ഉളമ്പി കൊടുത്തു കഴിക്കാതെ പോയി ഒരേ കിടപ്പ് പിറ്റേ ദിവസം കേമമായി പറഞ്ഞു ഞാനൊന്നും കഴിച്ചില്ല എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് മഹാത്മാവിനോടുള്ള ബഹുമാനങ്ങൾ നിലനിർത്തിക്കൊണ്ട് പറയട്ടെ ഗാന്ധി നിങ്ങളോട് ചെയ്തൊരു ദ്രോഹത്തിൽ ഒന്നാകുന്നതാണ് ബ്രിട്ടീഷുകാരോട് കയ്യൂക്കെടുക്കാൻ കഴിയില്ലാതെ വന്നപ്പോൾ അന്നത്തോട് കാണിച്ചെന്താ രാജ്യമെന്ന് അനുകരിക്കുകയാണ് അദ്ദേഹത്തോടുള്ള എല്ലാ ബഹുമാനവും അദ്ദേഹത്തിന്റെ നന്മകളും നിലനിർത്തിയാണ് പറയുന്നത് നിങ്ങള് എന്നെ തെറ്റിദ്ധരിക്കണ്ട അത് വൈയക്തികമായി മാത്രമാണ് എടുക്കേണ്ടത് അതിനെ അനുകരിക്കരുത് അന്നം നിന്ദിക്കപ്പെടരുത് അന്നത്തെ ഉപേക്ഷിക്കരുത് ആ അന്നമാണ് രൂപാന്തരപ്പെടുന്നത് അന്നത്തിൽ കഴിക്കുന്ന അന്നം മാത്രമല്ല എന്ന് എപ്പോഴും ഓർക്കണം അതില് ഈ പതിമൂന്ന് അഗ്നികളും അന്നമാണ് നേരത്തെ നമ്മൾ പറഞ്ഞിടത്തേക്ക് തിരിച്ചു പോയാൽ രസമായി രൂപാന്തരപ്പെടുത്തുന്ന അഗ്നി രസധാതുവിന്റെ അഗ്നിയാണ് മെറ്റബോളിസം കാറ്റബോളിസം ആനബോളിസം എന്നൊക്കെ നിങ്ങൾ ഇംഗ്ലീഷിൽ പഠിച്ചിട്ടുണ്ടാവും ആയുർവേദം ചയാപജയത്തെ കാണുന്നത് അടുക്കോടെ ജഡരാഗ്നിതാഗ്നി ധാതു അഗ്നികൾ അത് ക്രമത്തിലാവുമ്പോ രസധാതു ഭജിച്ച് രക്തമായി രക്തം ഭജിച്ച് മാംസമായി മാംസം ഭജിച്ച് മേധസ്സായി മേധസ് ഭജിച്ച് അസ്ഥിയായി അസ്ഥി ഭജിച്ച് മജ്ജയായി മജ്ജ ഭജിച്ച് ശുക്രമായി പരിണമിച്ചു വരുന്ന ഒരു പ്രക്രിയ അവർ പഠിക്കും ഇതെല്ലാം അവിടെ നിന്നും തിരിച്ചുമുണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതാണ് അതുകൊണ്ടാണ് രക്തധാതുവിന് കുറവ് വന്നാൽ ജീവജാലങ്ങളുടെ രക്തം കൊണ്ട് നിലനിർത്താൻ ശ്രമിക്കുന്നത് പഴയ ആളുകള് പാണ്ഡുത ലുക്കീമിയ ഒക്കെ വന്നാൽ അനീമിയയുടെ പല വിഭാഗങ്ങളുണ്ട് ആയുർവേദത്തിൽ പാണ്ഡു എന്നാണ് പറയാ പാണ്ഡു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ധരിക്കുന്നത് വെളുപ്പ നിറമാണ് അല്ലേ അത് ചിത്രം എന്നാണ് ആയുർവേദം അത് കാമലയുടെ ഒരു വകഭേദമാണ് പാണ്ഡുതയുമായി അതിന് ബന്ധമോട് ചെറുതായി രക്തത്തിന് നിറം കൊടുക്കുന്ന ഒരു വസ്തുവുമായി അതിന് ബന്ധമുള്ളത് കൊണ്ട് പാണ്ഡുതയോട് പാണ്ഡു എന്ന് പറയുന്നത് അതല്ല മഹാഭാരതത്തിൽ പാണ്ഡുവിനെ ചിത്രകഥകളിൽ അവതരിപ്പിക്കുമ്പോൾ വെള്ളപ്പാണ്ടുള്ളവനായിട്ടാണ് കാണിക്കുന്നത് അത് ചിത്രകഥയിലെ ചിത്രം വരയ്ക്കുന്നവന് ആ ഭാഷയ വൈദ്യശാസ്ത്രത്തിന്റെ ആ ഭാഷയെ അറിയാത്ത കൊണ്ടാണ് വളരെ അപകടകരമായ ഒരു ദുഃഖിണിയാണ് പ്രത്യേകിച്ചും സ്ത്രീ വികാരങ്ങളുണ്ടായ മസ്തിഷ്ക തലത്തില് കെമറേജ് ഉണ്ടാകുക തല പൊട്ടിത്തെറിക്കുക എന്ന നമ്മൾ എഴുതിയിരിക്കുന്നത് അങ്ങനെ വരുന്ന രക്തസ്രാവവും മസ്തിഷ്ക രക്തസ്രാവവും ഉണ്ടാകുന്ന ഒരു രോഗമാണ് പഴയ ആളുകൾ മരുന്നും പറയും ചുക്ക് മുളക് തിപ്പരി വരട്ടുമഞ്ഞൾ നാടൻ കോഴിമുട്ടത്തോട് പച്ചില ഇത് പൊടിച്ചു ഇതിന് കുംഭക ചൂർണമെന്നാണ് പ്രാചീന പറയാന് ഇത് കൊടുത്താൽ മേ രോഗിക്ക് കൊടുത്താൽ മസ്തിഷ്ക രക്തസ്രാവം നിൽക്കുക വന്നിരിക്കുന്ന പരിണാമമാണ് അത്തരം സമയങ്ങളിൽ ആടിന്റെ കരളൊക്കെ വാങ്ങിച്ച് പല വീടുകളിലും ചെറുനാരങ്ങ നീരും ഒക്കെ പഞ്ചസാരയും ഒക്കെ കൂട്ടി കേൾപ്പിക്കും കാരണം രക്തം ഉണ്ടാകും രക്തത്തിന് രക്തം നല്ലതാണെന്നുള്ളത് അപ്പം അങ്ങനെയൊക്കെ ചെയ്യുന്നത് ആ ധാതുവിൽ വന്നിരിക്കുന്ന പരിണാമം കൊണ്ടാണ് ആ പരിണാമത്തിന് ഉപയോഗിക്കുന്ന അഗ്നിയും അന്നമാണ് അപ്പം മനസ്സന്നമാണ് ബുദ്ധി അന്നമാണ് പ്രാണനന്നമാണ് അഗ്നി അന്നമാണ് നമ്മളില് ഇമ്മ്യൂണിറ്റി എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന ബലം എന്ന് ആയുർവേദം പറയുന്നു വ്യാധി പ്രതിബന്ധകത്വബലം വ്യാധി ക്ഷമത്വബലം രോഗങ്ങളെ തടഞ്ഞു നിർത്തുന്നത് വ്യാധി പ്രതിബന്ധകത്വബലമാണ് റെസിസ്റ്റൻസ് പവർ രോഗങ്ങൾ വന്നാൽ ആ അണുക്കളെ വളരാൻ വിടാതെ തന്നിൽ തന്നെ ഉപദ്രവം കൂടാതെ ഒതുക്കി വയ്ക്കുന്നത് വ്യാധി ക്ഷമത്വബലമാണ് അഡാപ്റ്റേഷൻ പവർ ഇത് രണ്ടെണ്ണമാണ് ബലത്തിൻ്റെ അപ്പം ആ ബലം ഉണ്ടാക്കുന്ന ഒരു അമൃത അമൃത കലകളിൽ നമ്മളിതുണ്ട് അതാണ് ജീവിച്ചിരിക്കാൻ പ്രേരകമാകുന്നത് ഒരാൾ മരിച്ചിട്ടില്ലെങ്കിൽ അയാളിൽ ജീവകലകളുണ്ട് അതുകൊണ്ടാണ് പ്രാചീന ശരീരത്തിലിരിക്കുമ്പോഴാണ് രക്തം പ്രാധാന്യമുള്ളതാകുന്നത് ശരീരത്തിലിരിക്കുമ്പോഴാണ് നഖം പ്രധാനമാകുന്നത് ജീവനുള്ളപ്പോഴാണ് മനുഷ്യൻ പ്രാധാന്യമുള്ളവരാകുന്നത് മരിച്ചുയ ഒരുപാട് നിലവിളിക്കും ഭാര്യയും മക്കളും ഉള്ളു അല്ലേ ഒരുപാട് നിലവിളിക്കും ഓരോ വണ്ടി വരുമ്പോഴും മാറത്തരുന്നില്ല ശവം എടുക്കാറാവുമ്പോൾ വന്ന ബന്ധുക്കൾ എടുക്കാറങ്ങ് പോകാൻ എന്താ ആരുടെ ആയിട്ട് എത്ര പ്രിയപ്പെട്ടയാളിൻ്റെ കൂടെ ശവം എഴുതുന്നില്ല അവിടെ വെച്ചിട്ട് പോകുക രാത്രിയിൽ ഈ ശവത്തോടൊപ്പം രണ്ടു മൂന്ന് ദിവസം ആ വീട്ടുകാർ കഴിയാൻ വിട്ടാൽ എന്താ ഭയമാണോ സന്ത്രാസമാണോ എല്ലാം കൂടെ ചേർന്നതാണോ ദുഃഖമാണോ എന്തെല്ലാം കൂടിയാണ് എല്ലാം കൂടെ ചേർന്നാണ് ഉണ്ടാവുക മനുഷ്യൻ ജീവനുള്ളപ്പോഴേ അതിന് ജീവനുള്ള മനുഷ്യന്റെ ശരീരത്തിൽ രക്തം ഇരിക്കുമ്പോഴാണ് പറഞ്ഞത് ശരീരത്തിൽ ഇരിക്കുന്ന രക്തത്തെ വെളിയിലെടുത്തു കൊണ്ടുപോയി പരിശോധിച്ചാൽ ജീവൻ വിട്ടതും വിടാൻ പോകുന്നതുമായ തലങ്ങളെയാണ് പരിശോധിച്ചറിയുന്നത് ഇതാണ് ആയുർവേദത്തിൻ്റെ ഏറ്റവും പ്രാചീനനായ ആചാര്യൻ അന്ന് പറഞ്ഞിട്ടുള്ളത് ഥനാത്മക പഠനത്തിൻ്റെയും സമഗ്ര പഠനത്തിന്റെയും അന്തരം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവർ നമ്മളോട് പറയുന്നത് ഇതെല്ലാമാണ് അനാട്ടമി ജീവ ശരീരമല്ലാത്ത ജടശരീരത്തിലുള്ള പഠനം ശരീരവ്യവച്ഛേദ ശാസ്ത്രം മലയാളത്തിൽ ജീവശരീരശാസ്ത്രം ഫിസിയോളജി ഇതാണ് ഇത് തമ്മിലുള്ള അന്തരം ഫിസിയോളജിയെ വെച്ചുകൊണ്ട് ജീവശരീരശാസ്ത്രത്തെ വെച്ചുകൊണ്ട് വൈദിക അന്നത്തെ രൂപപ്പെടുത്തുമ്പോൾ ജീവനുള്ള അന്നം അന്നമാണതിൽ ജീവനുള്ളത് എല്ലാ ജീവന്റെ ദുഹിപ്പിനും കാരണം അന്നമാണ് ധനം നോക്കി ശ്വരകേതുവിനും മറ്റും പരീക്ഷണം നടത്തുന്നുണ്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഉപനിഷത്ത് പഠിക്കുമ്പോൾ ഇത് ചർച്ചാവേളയിലൊക്കെ പല വർഷങ്ങളിൽ വന്നിട്ടുള്ളവർക്കറിയാം അന്നം കുറച്ച് കുറച്ച് കൊണ്ടുവരുമ്പോൾ ഓരോ ഇന്ദ്രിയവും അകത്തേക്ക് വലിഞ്ഞു വരുന്നതും പിന്നെ അന്നം കൊടുത്തു കൊടുത്തു വരുമ്പോൾ അത് ഓരോന്നും പുറത്തേക്ക് വരുന്നതും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും നിങ്ങൾക്ക് പരീക്ഷിച്ചു നോക്കാവുന്നതുമാണ് സൂക്ഷിച്ച് പരീക്ഷിക്കണമെന്നുമാണ് അതിനിടയിൽ പോകാനിടയാവുന്നത് ഇത് പഴയ കാലത്ത് ബ്രഹ്മചാരികളെ പരീക്ഷിക്കുമ്പോൾ ഭിക്ഷയ്ക്കൊക്കെ വിട്ടിട്ട് ഭിക്ഷ കിട്ടിയില്ലെങ്കിൽ ഇരിക്കാൻ പറ അങ്ങനെ ഭിക്ഷയ്ക്കൊക്കെ വിട്ടാൽ ബ്രഹ്മചാരികളെ കിട്ടും ഭിക്ഷയ്ക്ക് ഇവിടെ തെറ്റ് ചെയ്യും പിറ്റേ ദിവസം രാവിലെ സ്ഥലം വേറൊരാശ്രമം പോരെ ഒന്നുമല്ല ശരിയായി സമിതി ശരിയായിരിക്കുമോ പിറ്റേ ദിവസം കാണിച്ച പോലെ കാലം വിളിച്ചൊന്ന് ചോദിച്ചോളൂ ഒന്നും ചെയ്തില്ല തല്ലിയില്ല ചീത്ത വിളിച്ചില്ല ഒന്നുമില്ല ഇങ്ങനെ ഒന്ന് കേട്ടായിരുന്നു അപ്പൊക്കൊന്ന് വെറുതിരിക്കും പിറ്റേ ദിവസം രാവിലെ പരിചയക്കാൽ ചിലരോട് എല്ലായിടത്തും കാണാൻ ഇഷ്ടപ്പെട്ട കുറെ ആളല്ലോ അവരെ വിളിച്ചിട്ടുടയും ഞാൻ പറഞ്ഞിട്ട് പറയാനൊന്നും ഇരിക്കാനും മറ്റൊരു ഭക്തൻ എനിക്ക് അവിടെ ഒരു ആസമ തരാൻ ഞാൻ അവിടെ പോയി ഇതിന് കാരണം ഇതിന്റെ അവധാനതയോടുകൂടിയുള്ള പഠനമില്ലാത്തതാണ് മുമ്പാണെങ്കിൽ അന്നത്തിന്റെ മാഹത്മ്യം അറിയുന്നതിന് വേണ്ടി അന്നം പോയി അന്വേഷിച്ചു വരാൻ അപ്പൊ കാണുന്നൊരു ലോകമുണ്ട് ആ അന്നം വാങ്ങിക്കൊണ്ടുവന്ന് ഗുരുവിന്റെ കയ്യിൽ കൊടുത്ത് അത് ഒരു പകുത്ത് തരും ഗംഗാതീരത്തൊക്കെയാണെങ്കിൽ വളരെ വിശേഷമായി മറ്റൊരു ഏർപ്പാടുകളുണ്ട് ഗംഗയിലൂടെ ഈ ശവമൊക്കെ ഉഴുന്നുണ്ടാവും ഗംഗ കലങ്ങിമറിയുന്ന സമയത്താണ് ഭിക്ഷയ്ക്ക് വിടുന്നതെങ്കിൽ ഈ തോട്ടത്തിൽ വാങ്ങിച്ച ഭിക്ഷ ഉരുവാങ്ങിച്ച ആ വെള്ളത്തിൽ നിന്ന് ഒലയ്ക്ക് പപ്പളവും പുളിശ്ശേരിയും കാളനും സാമ്പാറും ഒക്കെ ഒന്നിച്ച് കഴിച്ചുകൊണ്ടാണ് വരുന്നത് ഈ തോളത്തിന ഓരോ ഇളക്കിയുള്ളത് കഴിച്ചോളാൻ പറഞ്ഞു ആ വെള്ളവും ഈ ഒലയ്ക്കുന്നതും കണ്ടു കഴിയുമ്പോൾ സാധാരണ കോശങ്ങളിൽ ഇന്ദ്രിയപരങ്ങളായ രാഗങ്ങൾ നിലനിൽപ്പുണ്ടെങ്കിൽ തൃപ്തികരമായി കഴിക്കാൻ പറ്റില്ല ഛർദിച്ചാൽ ആ ഗുരു പറയും സമയമായില്ല നീ പോയപ്പെടുന്നിരുന്നത് ഇന്നങ്ങനെ പറയാൻ പറ്റില്ല കാരണം ആളില്ലെങ്കിൽ ആളുകൾ കുറ്റം പറയാൻ തോന്നും വളരെ നിഷ്ഠൂരനാണ് ഹൃദയമില്ലാത്തവനാണ് ആരോ കുറ്റി അങ്ങനെ വിചാരിച്ചിട്ടുണ്ടെന്ന് ആരും മനസ്സിൽ വരുന്നുണ്ടോ എന്തായാലും ഞാൻ പറഞ്ഞ ഉദാഹരണം കൊണ്ടു തോന്നുന്നു ഞാൻ അത്രയും പ്രതി അത്രയും അയർന്നലിതമായി ഞാൻ ബോധ്യം വിചാരിച്ചിട്ടില്ല അപ്പോ ഇതെല്ലാം ജനം പറയാൻ പക്ഷെ അതിന്റെ ഉദ്ദേശം എന്താണ് ഉത്തമസാധകനെ ഉത്തമ മാർഗത്തിൽ വളർത്തിയെടുത്താൽ ഒരാൾ എണ്ണത്തിലല്ല കാര്യം ഒരു ഉത്തമനെ കൊണ്ട് ഒരു കുറഞ്ഞ കാലത്തിനുള്ളിൽ ലോകത്ത് വരുത്താവുന്ന മാറ്റം ആയിരം അഥമന്മാരെ കൊണ്ടുണ്ടാക്കാൻ പറ്റില്ല മാത്രവുമല്ല അതിൻ്റെ ഇടയിൽ ഉത്തമനുണ്ടെങ്കിൽ അവൻ കുഴഞ്ഞു പോവുകയും ചെയ്യും മനസ്സിലായോന്നറിയില്ല നിങ്ങളുടെ ഓഫീസുകൾക്കൊക്കെ ഏതാണ് പറ്റില്ല ഒരു പണി എഴുതാൻ സാധിക്കില്ല നിങ്ങളൊക്കെ ഓഫീസുകളിൽ വരുന്നില്ല നിങ്ങൾക്കറിയാം ഒരു പണിയെടുക്കാൻ സാധിക്കും കാരണം അവള് നേരത്തെ കയറി വിലസിയിരിക്കുന്ന ആളുകൾ ഓഹ് നന്നാക്കാൻ വന്നിരിക്കുകയാണ് ശരിയല്ല ധർമ്മം അവൾക്ക് ഇഷ്ടമല്ല സമയത്തു രണ്ടു ദിവസം വന്നാൽ വിളിക്കും എന്താ ഇവിടെ നന്നാക്കാനാണെന്ന് ഉത്തമ സ്ഥാനങ്ങളായ സങ്കേതങ്ങൾ ആശ്രമങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട ഗൃഹസ്ഥാശ്രമവും അങ്ങനെയാണ് സന്യാസാശ്രമം ദൂഷിച്ചാൽ പോലും ഗൃഹസ്ഥാശ്രമം എത്ര ഗൃഹസ്ഥാശ്രമം ഉത്തമമാണോ അത്രയും ഉത്തമമായ സന്യാസാശ്രമം വരുന്ന സമൂഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കാം എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഗുരുദേവനും ചത്തമിസ്വാമികളുമൊക്കെ അവരുടെ കാലഘട്ടത്തിലെ ഗൃഹസ്ഥാശ്രമങ്ങളെ ശുദ്ധീകരിക്കാനാണ് മറ്റെന്തിനേക്കാൾ കൂടുതൽ പ്രാധാന്യം കൊടുത്തതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് തെറ്റാണെങ്കിൽ അവരോട് നിങ്ങൾ കൊടുത്തു ഞാനങ്ങനെ ഉറച്ചു വിശ്വസിക്കുന്നയാളാണ് അക്കാര്യത്തില് മൂന്ന് പേരാണ് കേരളത്തിൽ ഒരേ സമയത്ത് പ്രവർത്തിച്ചതെന്ന് എനിക്ക് തോന്നുന്നു ഒന്ന് നാരായണ ഗുരുദേവൻ ചട്ടമ്പി സ്വാമികൾ സ്വാമികളുടെ പ്രവർത്തനം വളരെ പരിമിത പരിമാണത്തിലായിരുന്നു മറ്റൊന്ന് ഗുരുദേവനോടൊപ്പം വിപുലമായ തലത്തിൽ പ്രവർത്തിച്ച ഒരാളാണ് തുളസി മഹാരാജ് ശ്രീരാമകൃഷ്ണാശ്രമത്തിൻ്റെ കേരളത്തിലെ സ്ഥാപനം അവരൊക്കെ ചെയ്തത് ഗൃഹസ്ഥന്മാരുടെ ധർമ്മത്തെ ഉത്തമമാക്കാനാണ് വാസമധർമ്മം ഉത്തമമാകണമെങ്കിൽ അന്നം തലമറിയണം അന്നമെന്ന് പറയുന്നത് ഏഴും ദൈവദത്തമാണ് എന്നറിയാം ദൈവദത്തമാണെന്ന് അറിയുന്നത് ഈ അന്നമൊക്കെ മേധ മനസ്സ് പ്രാണൻ തന്നെ അഗ്നി സോമം പശു അന്നം കഴിക്കാനുള്ള ആഹാരം ഇതൊക്കെ കിട്ടുന്നത് ഒരു ഈശ്വരാധീനം കൊണ്ടാണ് എത്ര പഠിപ്പുള്ള ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് പലപ്പോഴും ജീവിതം നഷ്ടപ്പെട്ടു പോയാൽ അത്രൊന്നും പഠിപ്പില്ലാത്ത എത്രയോ പേർ സമൂഹത്തിൽ വന്നിട്ടുണ്ട് എങ്ങനെയാണ് എന്നെ കാണുന്നത് അതിന്റെ വ്യത്യാസം തീർന്നില്ല ഇതൊക്കെ ഉണ്ട് ഞാൻ മുമ്പ് പറഞ്ഞ പോലാണ് അന്നം സുലഭമാണ് ചിലർക്ക് പ്രമേഹം വരും കഴിക്കാനൊക്കെ ഇവല്ലാം ശരിപ്പെട്ട് വരുമ്പോഴേ ഇത് കഴിഞ്ഞാൽ വലിയ കഷ്ടപ്പാടാണ് കാരണം ഭാര്യ കഴിക്കുന്നത് സഹിക്കില്ല പിള്ളേര് കഴിക്കുന്നത് സഹിക്കില്ല ഈ ഭാര്യയും പിള്ളേരും ഒക്കെയാണെങ്കിൽ വേറൊരു പണി കൂടെ കാണിക്കും ഇയാളുടെ മൂപ്പിൽ പോയിരുന്നു തീരെ കഷ്ടപ്പെട്ടത് മുഴുവനിയാളാണ് ഉണ്ടാക്കിയത് മുഴുവൻ ഇയാളാണ് അനുഭവിക്കുന്നത് അവരാണ് ഒരു വേറൊരു കാര്യം കൂടെ ചെയ്യും ആരെങ്കിലും വരുമ്പോൾ പ്രകടമായി ചോദിച്ചിട്ട് അവർക്കൊക്കെ വിളമ്പിക്കും പോയി കഴിയുമ്പോൾ ഈ ആളുകൾ പോയി കഴിയുമ്പോൾ പറയും വിളമ്പിക്കോ വിളമ്പിക്കോ ബാക്കിയുള്ളവർ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ ഈ പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ഇവർ ഒരിക്കലും വിശ്വസിച്ചിട്ടില്ല ഇത് ഉണ്ടാകുന്നതിൻ്റെയും കഴിക്കുന്നതിൻ്റെയും പിന്നിൽ ദൈവവിത്തം നമ്മുടെ ദൈവവിത്തത്തെ അറിഞ്ഞവൻ എല്ലാം അനുഭവിക്കുന്ന ഭോക്താവും ബോധ്യവും രണ്ടും ഒരേ അറിവാണെന്ന് ബോധ്യപ്പെട്ടു ആ ബോധ്യം വരുന്നതിനെയാണ് ഭക്തിരസമാണ് ഭക്തിയോഗമാണ് ഭക്തി അനുഭവമാണ് എന്നൊക്കെ ആചാര്യന്മാർക്ക് പ്രത്യേകം പ്രത്യേകം അഭിപ്രായം ഭക്തി രസമല്ല എന്ന അഭിപ്രായമുള്ള പണ്ഡിതന്മാരുണ്ട് പണ്ഡിതരാജൻ ജഗന്നാഥനൊക്കെ ആ അഭിപ്രായക്കാരനാണ് മമ്മടൻ മുതലായവരും അഭിപ്രായക്കാരാണ് ഭരതൻ മുതലായ മുനിമാരും ഭക്തിരസമല്ല എന്നുള്ള അഭിപ്രായം വളരെ ശക്തമാണ് അതിനൊക്കെ വാദമുഖങ്ങളും അവർ നടത്തുന്നു ഭക്തിരതി മാത്രമാണെന്നും ഗുരുവിന് ശിഷ്യനുള്ളതും ഈശ്വരനോട് ഭക്തനുള്ളതുമെല്ലാം ഒരു തരം രതിയാണെന്നും അതുകൊണ്ട് അംഗീയായ ശൃങ്കാരമാണെന്നും ഒക്കെ അവർക്ക് അഭിപ്രായമുണ്ട് അത് വളരെ വിശദമായ ചർച്ച അറിഞ്ഞിരിക്കുന്നതാണ് നിങ്ങൾ നോക്കി തൊപ്പടിച്ചു ഭക്തിരസമാണെന്നുള്ള അഭിപ്രായം ശക്തമായി സൈദ്ധാന്തികമായി അവതരിപ്പിച്ചിട്ടുള്ളത് സന്യാസ ലോകത്ത് പ്രതിഷ്ഠ ലഭിച്ചിട്ടുള്ള അത്യുന്നതന്മാരിൽപ്പെട്ട ഒരു സ്വാമിജിയാണ് അദ്ദേഹത്തിൻ്റെ പേര് മധുസൂദന സരസ്വതി എന്നാണ് അങ്ങനെ പേര് ഇങ്ങനെ ഉണ്ടാവും വൈഷ്ണവഭക്തിന്റെ അദ്ദേഹത്തിൻ്റെതാണ് ഭക്തിരസായനമെന്ന കാവ്യം അതിലദ്ദേഹം ശക്തമായാണ് ചോദിക്കുന്നത് കരുണ രൗദ്രം ബീഭത്സം ഭയാനകം ക്രോധം ഇതൊക്കെ നിങ്ങൾ രസമാണെന്ന് പറയും ഇതൊന്നും മനുഷ്യന് സുഖം തരുന്ന സാധനമല്ല ശരിയാണ് ക്രോധം ആർക്കെങ്കിലും സുഖം തരുന്നു ഇല്ല ബീബത്സം ആർക്കെങ്കിലും സുഖം തരുന്നു ഭയാനകന്ധനമോ കരുണതരുമോ ഇല്ല ഇതിനെയൊക്കെ രസമായി ഉൾപ്പെടുത്തിയിരിക്കുന്ന നിങ്ങൾ നിർവേദജന്യമായ ഭക്തിയെ രസമല്ലെന്ന് വാദിക്കുന്നു ഇതെന്തു ഔഖ്യമാണ് ഭക്തിരസായനത്തിന് അദ്ദേഹം ശക്തമായി ചോദിക്കുന്നു ഭക്തിയുടെ സമയമായി പ്രകടമായ വളർച്ചയ്ക്ക് വേണ്ടിയാണ് സ്ത്രോത്രങ്ങൾ അതിലൊന്നാണ് നിങ്ങൾ ചോദ്യം ഭക്തിയെ രസം വന്നതിനപ്പുറം ശാസ്ത്രമായി അപ്പോഴാണ് നാരദൻ പറഞ്ഞതുപോലെ അത ഭക്തി വ്യാഖ്യാസ്യാമ പരമപ്രേമരൂപ സാത്വസ്മിൻ പരമപ്രേമരൂപ യുമാൻ സിദ്ധോ ഭവതി തൃപ്തോ ഭവതി ആത്മാരാമോ ഭവതി എന്നൊക്കെയാകും അങ്ങനെ എല്ലാം എല്ലാമായ ഭക്തിയിലേക്ക് നമ്മെ നയിക്കുകയും അതിനനുസരിച്ച് നമ്മുടെ സപ്താന്നങ്ങളും ഈശ്വരദത്തമായി മനോഹരമാകാൻ പ്രാർത്ഥിക്കുകയും ആ വഴിയിലൊരു ജനത പ്രാർത്ഥനാപൂർവം ജീവിച്ച് ഉത്തുങ്കമായ നന്മകളിലെത്തണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്താൽ ഗുരുദേവൻ്റെ ആതാരബിന്ദിൽ പ്രാമസിക്കുന്നു ായണ സ്വാമി തൊഴുന്ന ഗുരുവര കരുണാല ഒരുവനും ഒരു കാര്യവും സാധ്യമല്ലാതെയുണ്ട് പരമിതിലൊരു ദൈവം മറ്റെ ഒരു വർഷം ശനിയാഴ്ച വേറെ എളുപ്പം ശനിയും ശനിയാഴ്ച നമുക്കിവിടെ ശനിയാഴ്ച ഉച്ച വെള്ളിയാഴ്ച ഞാൻ ഇതേ ദിവസം കുറച്ച് സമയം ഞാനും കൂടി ഈ കൺവെൻഷന്റെ ഭാഗമായി നടക്കുന്ന പ്രാർത്ഥന അവസാനത്തേതായതുകൊണ്ട് ഞാനും കൂടി അത് സംസാരിക്കണമെന്ന് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് സ്വാമിക്ക് വേണ്ട സമയം കൊടുക്കാനും സാധിക്കാതെ പോകും എന്നിട്ട് അങ്ങനെ ഞാൻ സംശയിച്ചാലും സ്വാമിയെ വിളിച്ചിരുന്നു സ്വാമിജി പറഞ്ഞാൽ വ്യാഴാഴ്ച വരാൻ പിന്നെ രണ്ടാമത് ഞാൻ വിളിച്ചു പിന്നെ ഞാൻ ചോദിച്ച പ്രോഗ്രാം കിട്ടിയോ അത് ഞാൻ നോക്കാറില്ല അത് ഭാഗ്യായി അതിനു തെറ്റായിട്ട് രണ്ടാം ദിവസം ആളാ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 മാറ്റി വന്നാലും അതിനെയെല്ലാം നമ്മള് വലിയ ആറു തയ്യാറായിട്ടു അതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടായി ഏതാ സ്വാമി ഇത്രയും കഷ്ടപ്പെട്ട് പാലക്കാട് ഇതുവരെ ആറ് ഓടിച്ച് ഈ ഒരു മണിക്കൂർ മണിയ മണിക്കൂർ സേവാക്കാരനെ കേട്ടാണ് ഇവിടെ എത്തിയത് ഞാനതിനെ പറയില്ല പിന്നെ രോഗിയായാത്തരാണ് സാധിച്ചത് നമ്മളൊക്കെ സമയത്ത് മാത്രമാണ് യും പ്രാർത്ഥന യോഗം ഇങ്ങനെ അവസാനിക്കാൻ കഴിഞ്ഞു ഞായറാഴ്ച കൊണ്ട് അവർക്കും കഴിഞ്ഞു